അന്യത്ര അന്യധർമ്മ വന്തി ഇത് ഭോമധികാരം പറഞ്ഞത് ആത്മഖ്യാതിയാണ് വിജ്ഞാനിയാണ് അത് ഭ്രമമാണ് കാരണം ശക്തിയില് തൊഴിലിരിക്കുന്ന വിജ്ഞാനം രചതമായിട്ട് ഭ്രമം തന്നെയാണ് രണ്ടാമത് കേജിത്തു തദ്വേഗ്രഹ നിബന്ധി ഭ്രമം ഇവിടെ ഭാഷ ഭ്രമം എന്ന് പറഞ്ഞു ഇദ്ദേഹം വ്യാഖ്യാനിക്കില്ല ഇവിടെ ഭ്രമമില്ല ഇത് അഖ്യാതിവാദമാണ് അവർ പറയുന്നത് സർവേ പ്രത്യായ യഥാർത്ഥ എല്ലാ ജ്ഞാനവും യഥാർത്ഥമാണെന്നാണ് എന്ന് പറയും മൂന്നാമത്തത് അന്യതാഖ്യാതി ്രമമാണ് ഇതാണ് ഈ മൂന്ന് പക്ഷം അപ്പൊ അത് കഴിഞ്ഞവിടെ പറയുന്നത് അന്യധർമ്മി ഇതിനെ ഭാമനീകാരം വ്യാഖ്യാനിച്ചത് അന്യസ്യ അന്യധർമ്മ കല്പന ഒന്നിനെ മറ്റൊന്നായി കല്പിക്കുന്ന അനുരുതമാണ് ഇതിനാണ് അനുവചനീയം പറയുന്നത് അനുവചനീയം എന്നുള്ളത് നേരത്തെ സമർത്ഥിച്ചു അത് പറഞ്ഞു നേരത്തെ അത് ചർച്ച ചെയ്താണ് ഭ്രാന്തി എന്ന് പറയുമ്പോ അത് േഷാമേ പരീക്ഷകാണോ മതേ അന്യസ്യ അന്യധർമ്മകൽപ്പന അനർവചനീയത അവശ്യം ഭാവിനി ഇതാണ് ഭാവിധികാരം പറയുന്നത് അതുകൊണ്ട് ഇപ്പറഞ്ഞ് എല്ലാവിധ പക്ഷത്തിനും അന്യസ്യ അന്യധർമ്മകൽപ്പനയുണ്ട് അനർവചനീയതയുണ്ടെന്ന് ഭാഗികാരം പറയുന്നു അപ്പൊ ഇത് ഇതിന്റെ വ്യാഖ്യാതാക്കളെ തന്നെ കുഴക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറയാം കാരണം ആദ്യത്തേതും അവസാനത്തെ സംബന്ധിച്ചൊക്കെ പറയാം അന്യധർമ്മ അന്യ അന്യധർമ്മ്യാസം ഭ്രാന്തി എന്ന് പറയാം പക്ഷെ അനർവചനീയത പറയാൻ പറ്റി ഇനി വേണ്ടി വന്നാൽ വിജ്ഞാനവാദിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ പറയാം ശൂന്യവാദത്തിനും മറ്റു പറയുന്നു അനുവചനീയമാണത് ഭ്രാന്തി അനുവചനീയമാണ് ശൂന്യവാദികൾ പറയുന്നു വേണമെങ്കിൽ അത് പറയാം പക്ഷെ അവസാനം വന്നത് അല്ലെങ്കിൽ അനിതാഖ്യമാണ് ഭ്രാന്തി അംഗീകരിക്കുന്നു പക്ഷെ അനുവചനീയതവർ അംഗീകരിക്കുന്നു വ്യത്യാസം എന്താണ് കർക്കയും പറയുന്നത് കണ്ട സർപ്പം ഒന്ന് തോന്നും അങ്ങനെ ഒരു അനുഭവം ഭ്രാന്തിയുണ്ട് തത്രകാരം അത് ശരിയാണ് അങ്ങനെ പറയാം എന്നാൽ അദ്വിനി പറയുന്നത് അവിടെ ഒരു അനിർവചനീയ രജതം സത്വന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒരു സർപ്പം അല്ലെങ്കിൽ രജതം ഉണ്ടെന്ന് പറഞ്ഞാൽ ർക്കി അംഗീകരിക്കുന്നു മധ്യത്തിൽ വരുന്നതിലാണെങ്കിലോ ആഖ്യാതിവാദത്തിൽ അവിടെ ബ്രഹ്മമേ അംഗീകരിക്കുന്നു പിന്നെങ്ങനെ അവിടെ അനുഭവം ഉം എവിടെ അനുവചനീയത എങ്ങനെ വരുമെന്നാണ് ക്രമമില്ലാത്ത കൊണ്ട് അംഗീകരിക്കില്ല അവസാനം പറഞ്ഞിടത്ത് എന്താണ് അവിടെ അംഗീകരിക്കില്ല ഇതിന് പലർക്കും പല അഭിപ്രായങ്ങളും ഇങ്ങനെന്തുകൊണ്ട് പറഞ്ഞു അങ്ങനെ ബഹുമതിയുടെ വ്യാഖ്യാനമാണ് കൽപ്പതിൽ അമലാനന്ദൻ കൽപ്പതി അതിന്റെ വ്യാഖ്യാനമാണ് പരിമളം അപ്പയ്യാധീഷതനാണ് അപ്പയ്യാധീഷത ഈ വിഷയത്തെ ഗൌരവമായിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു കാരണം പ്രത്യേകിച്ചും അഖ്യാതിവാദം ആഖ്യാതിവാദി ഭ്രമത്തെ അംഗീകരിക്കുന്നില്ല പിന്നെങ്ങനെ അനോചനീയത അനിയതാഖ്യാതി ഭ്രമത്തെ അംഗീകരിക്കുന്നു പക്ഷെ അനുചനയെ അംഗീകരിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്താണ് അനോചനീയം എന്ന് പറഞ്ഞു അതിന് അദ്ദേഹം പറഞ്ഞവരുടെ മറുപടി ഇവരെല്ലാം ഖണ്ണിക്കൂന്ന് കൂട്ടറി മൂന്ന് കൂട്ടറി ഖണ്ണിച്ചാൽ ഇവർക്കെല്ലാം എന്ത് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു സമാധാനം അതുമാത്രമല്ല അത് കഴിഞ്ഞവിടെ പറയുന്നത് സർവതന്ത്ര അവിരുദ്ധ വാർത്ത സർവതന്ത്രം സർവശാസ്ത്രങ്ങൾക്കും വിരോധമില്ലാത്തതാണ് അനർവചനീയത അങ്ങനെ പറയാൻ പറ്റും സർവശാസ്ത്രങ്ങൾക്കും വിരോധമില്ലാത്തതാണ് അനുജനീതന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂ ഇവിടെ അഖ്യാതിവാദി അംഗീകരിക്കില്ല അന്യതാഖ്യാധിവാദി അംഗീകരിക്കുക പിന്നെ എന്തുകൊണ്ട് പറഞ്ഞങ്ങനെ അതും പറയുന്നതാണ് ഇവര് പറയുന്നതൊക്കെ എന്തു ചെയ്യാം എവിടെയോ വാദങ്ങളെയൊക്കെ ഫണ്ണിക്കാം ഫണ്ണിച്ചു പിന്നെ അവർക്ക് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവും അതീക്ഷ അങ്ങനെയു അത് പറഞ്ഞാൽ ശരിയാവും ശരിയാവും നിങ്ങൾ വേറെ ആളുടെ അഭിപ്രായത്തെ കണ്ണിക്കും കണ്ണിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവര് തിരിച്ചു കണ്ണിക്കും അല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കും ഞങ്ങൾ എന്നങ്ങളുടെ ഭക്ഷണം സ്വീകരിച്ചു തന്നവരോ ഇങ്ങനൊരു സംഭവം അങ്ങനെ എന്ത് വരും ഇപ്പൊ താർക്കികന്മാരെ അദ്വൈതികൾ കണ്ണിച്ചു കണ്ണിച്ച പിന്നെ താർക്കികന്മാരെല്ലാം പറയും അവരുടെ സിദ്ധാന്തം വിട്ടിട്ട് അദ്വൈതം പറയും അങ്ങനെ നടക്കും പിന്നെ സിദ്ധാന്തം കാണും ഇപ്പൊ സാഖ്യന്മാരെ കണ്ണിച്ചു കഴിഞ്ഞാൽ സാങ്ങന്മാരപേക്ഷിച്ചിട്ട് പിന്നെ എന്താണ് അദ്വൈതം സ്വീകരിക്കുന്നു അപ്പൊ കണ്ണിച്ചവര് തിരിച്ച് കണ്ണിക്ക് ഇത്രയും സംഭവിക്കും അതുകൊണ്ട് സർവശാസ്ത്രങ്ങൾക്കും വിരോധമില്ലാത്ത സിദ്ധാന്തമാണ് ഈ പറയുന്നത് എന്ത് അനവീയത എന്ന് പറയുന്നത് ശരിയാവുന്നില്ല കാരണം വിരോധമില്ലാതാണെങ്കിൽ അവരെ ഖണ്ിക്കേണ്ട ആവശ്യം അങ്ങനെ വേണം അവർ സമ്മതിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്ന സിദ്ധാന്തമാണ് ഞങ്ങൾ ഈ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പിന്നെ ഖണ്ഡിക്കേണ്ട ആവശ്യമുണ്ടോ ഖണ്ഡിച്ചിട്ട് വിരോധമില്ലെന്ന് അവസാനം അവരത് സ്വീകരിക്കേണ്ടി വരും പറഞ്ഞാൽ അത് അവരാണ് പറയേണ്ടി വരും അദ്വൈതിയല്ല മനസിലായ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് സ്വീകരിക്കേണ്ടി വരും അദ്വൈതി പറഞ്ഞാൽ അവര് സമ്മതിക്കും അതുകൊണ്ട് എന്റെ വ്യാഖ്യതാക്കൾ ഇത്രേ പറയുന്നുള്ളൂ ഈ പറയുന്ന ഒക്കെ ഖണ്ണിക്കാം ഖണ്ണിച്ച് കഴിഞ്ഞാൽ എല്ലാം അദ്വൈതാവുന്നു അത് അവര് സമ്മതിക്കാത്തടത്തോളം കാലം അതിന് കഴമ്പില്ല അദ്വൈതിക്ക് പറയാൻ എന്താണ് ഞങ്ങളുടെ സിദ്ധാന്തം ഇതാണ് അനുവദിക്കാണ് ഇത്രയും അതിക്ക് പറയാൻ പറ്റില്ല അത് സർവ സിദ്ധാന്തങ്ങൾക്കും വിരോധമില്ലാത്തതെന്ന് പറഞ്ഞു വിരോധമുള്ളതുകൊണ്ട് അവർ ഖണ്ഡിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഭാമതികാലഭിപ്രായം വ്യക്തമുണ്ട് എന്താ ഇവിടെ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഇപ്പം വ്യാഖ്യാതാക്കൾ പറയുന്നതും സമ്മതമായ കാര്യമാണ് പറഞ്ഞു ഇല്ലെങ്കിൽ സർവതന്ത്ര അഭിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രത്തിന് ഞങ്ങൾ പറയുന്ന വിരോധം അവരെല്ലാം അംഗീകരിക്കും ശരി ഞങ്ങളെല്ലാം അദ്വൈതികളായിരുന്നു പറയും അവർക്ക് പറ്റും അത് മാത്രമല്ല ഇതേ വാചസ്പതി മിശ്രം തന്നെ പാമതി എഴുതുകൾ എന്ത് ചെയ്തു സാഖ്യത്തിന് വ്യാഖ്യാനുവേണ്ടി സാഖ്യത്തിന് വേണ്ടി ഇപ്പൊ എന്തു അവിടെ ഇതിനെയൊക്കെ കണ്ണിച്ചു ലോകത്തിന് വ്യാഖ്യാനുവേണ്ടി അവിടെ ഇതിനെ കാണിച്ചു ന്യായത്തിന് വ്യാഖ്യാൻ വേണ്ടി അവിടെ നിന്നെ പണിച്ചു എന്ത് ചെയ്യണം അവിടെയൊക്കെ എന്തു പറയണോ അദ്ദേഹം അതൊക്കെ അനൂലോചനീയമാണെന്ന് പറയണം അത് പറയുന്നെന്താ അതുകൊണ്ട് സർവതന്ത്ര അഭിരുദ്ധാർത്ഥം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഇനെ പറയണ്ട അതാണ് ഇവിടുത്തെ ഒരു വിഷയം ഇനി മറ്റൊന്ന് മറ്റൊരു വിഷയം ഭാഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് മൂന്ന് വർഷവും പറഞ്ഞിട്ട് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് അന്യേത്ര അന്യധർമ്മ അധ്യാസം ആദ്യത്തെ പക്ഷം നമ്മുടെ അധ്യാസത്തെ സ്വീകരിച്ച അധ്യാസം എന്ന് വെച്ചാൽ ഭ്രാന്തിയാണ് ഒന്നാമത്തെ പക്ഷത്തിനും എന്തു ചെയ്തു അധ്യാസത്തെ അനുഭവിച്ചു പിന്നെ രണ്ടാമത്തെ പക്ഷം നോക്കുക രണ്ടാമതും പറഞ്ഞിരിക്കുന്നു സത് വിവേകനിബന്ധനോ ഭ്രമ രണ്ടാമത്തേത് അധ്യാസം ഒന്നും പറഞ്ഞു പിന്നെ പറഞ്ഞു ്രമതികാരം വ്യഖ്യാനിച്ചിരിക്കുന്നത് എന്താണോ അവിടെ അധ്യാസമില്ല ഭ്രമില്ല കാര്യമാണോ പറയുന്നത് കാക്ഷികാരം പറയുന്നതാണോ പാമതികാരം പറയുന്നത് പാമതികാരം എന്തു പറഞ്ഞു അധ്യാസ രണ്ടും പ്രയോഗിച്ചിട്ട് അപ്പോ എന്തായാലും ഭാവനികാരം വേഖ്യാനിച്ചിരിക്കുന്നത് ഭാഷകാരം പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തം രീതിയിലുള്ള ഒരു വാദം കൊണ്ടുവന്നു ആഖ്യാതിവാദം അതിനെ വിശദീകരിച്ച് അപ്പൊ അത് ഭാഷ്യമായിട്ട് യോജിക്കുന്നതല്ല ഇനി മൂന്നാമത്തു നോക്കുക പറയുന്നു എത്രയേത് അധ്യാസ അതിനുമൊന്ന് അത്യാസം ഭ്രമം വന്നു ഭാഷകാരൻ എന്തു ചെയ്യുന്നു മൂന്ന് സ്ഥലത്തും ഭ്രമത്തെ സ്വീകരിക്കുന്നു ഭാമികാരനാണെങ്കിലോ രണ്ട് സ്ഥലത്തെ ഭ്രമത്തെ സ്വീകരിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ പക്ഷം ഭാമികാരൻ വ്യാഖ്യാനിച്ചത് ഭാഷകാരന്റെ ആശയമല്ല ആണെങ്കിൽ ഭാഷകാരൻ ഇങ്ങനെ ഭ്രമം പറയും ഇതിന് വേണം ഇത് ഭാഷകാരനറിയാമ ഭാഗതികാരനെ അറിയാമയാത്തുകൊണ്ടല്ല പാമതികാരൻ അതുകൊണ്ടാണ് പറയുന്നത് ലോകസിദ്ധമായ ഭ്രമം ലോകര് ഭ്രമം എന്ന് പറയുന്നു അത് ഭ്രമല്ല ശുക്തി രഹിതത്തെ കാണുന്ന ജനങ്ങളെന്ത് പറയും ഭ്രഹമാണ് പക്ഷേ അഖ്യാതിവാദി എന്ത് പറയും സത്യമാണ് ഇതാണ് ഭവനികാരന്റെ അഭിപ്രായം അത് പറഞ്ഞത് ശക്തിരഹിതങ്ങൾ കഴിഞ്ഞ അഖ്യാതിവാദി എന്തു പറയും സത്യമാണെന്ന് പറയും ലോകരെ പറയും ഇവിടെ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് ലോകര് പറയുന്ന ബ്രഹ്മത്തെ എന്നാണ് പക്ഷെ ലോകർ പറയുന്ന ഭ്രഹ്മത്തെ കുറിച്ചാണെങ്കിൽ പിന്നെ അവിടെ അഖ്യാതിവാദം കൊണ്ടുവരേണ്ട കാര്യമുണ്ടാവും ലോകർ അഖ്യാതിവാദം പറയുന്നുണ്ടോ ഇല്ല ഒരു ഭ്രഹം പറയും അവിടെ അഖ്യാതിവാദം കൊണ്ടൊന്നും വ്യാഖ്യാനിക്കേണ്ട യാതൊരു കാര്യ നോക്കിയാലും ഭാഷികമായിട്ട് ഭാവതികാരന്റെ ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യോജിക്കില്ല രണ്ടാമത്തെ മൂന്നാമത്തേത് ശരി അനിതാഖ്യാതി വാദം എന്ന് പറയുന്നു അപ്പൊ ഇതാണ് ഭാമതികാരത്തോടെ ഒരു പ്രശ്നം ഇവിടെ ഇതുപോലെ പരിസരത്തും വരും പ്രശ്നങ്ങൾ ബാമതി ബാമതി ഒരു വഴിക്കാങ്ങ് പോവും ഭാഷയും വേറെ വഴിക്കും മറ്റൊരു പ്രശ്നം എന്താണ് ആദ്യം പറഞ്ഞു കെ ജിത്ത് ചിലർ കെ ജിത്ത് എന്ന് പറയുന്നത് ആരാ കെ ജിത്ത് എന്ന് പറയുന്നത് ആരാ പറയുന്നു ആരെ കുറിച്ചു കെ ജിത്തന്നു ഏ അതിന്റെ അടുത്ത വീണ്ടും പറയുന്നു കേജിത്ത് ആദ്യത്തെ കേജിത്ത് ആത്മഖ്യാതിവാദിയാണെങ്കിൽ രണ്ടാമത്തെ കേജിത്ത് ആത്മഖ്യാതി വഴി ഏ ഇതെങ്ങനെ അറിയാം കേജിത്ത് എന്ന് തന്നെ ഇനി മൂന്നാമത് പറയുന്ന അന്യ ഇതൊക്കെ ആർക്കറിയാം ഇത് ഭാഷകാരന്റെ പ്രശ്നമാണ് കാരണം ഒരഭിപ്രായം പറയുമ്പോൾ അത് കേജിത്തെന്ന് പറഞ്ഞാൽ ആരെയെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നു മനസിലാവും കേജത്ത് കേജിത്ത് അന്യെന്നൊക്കെ പറഞ്ഞത് ആരഭിപ്രായം പറയുന്നു ആർക്കും പിടികിട്ടത്തില്ല ഒരു മനുഷ്യർക്കും സംസ്കൃത ഇന്നിപ്പോ നിങ്ങളൊരു ലേഖനം എഴുതി കഴിഞ്ഞാൽ ഒരഭിപ്രായം പറയുകയാണെങ്കിൽ ആ ലേഖനം നന്നാവണെങ്കി എന്തു വേണം അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം പറയണെങ്കിൽ എന്റെ റഫറൻസ് കാണിക്കും നിങ്ങളെ സ്വന്തം ഒരാശയമല്ല നാട്ടില് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടി എന്ന് പറഞ്ഞു നിങ്ങളെ സ്വന്തം അഭിപ്രായം ആണെങ്കിൽ എന്ന് പറയും എന്നാല് അതിന് ആധികാരികമായ ഒരു ലേഖനമായി ഇന്ന് പരിഗണിക്കും എനിക്ക് ആർക്കും എന്തും പറയാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ല്ലെന്നു പറഞ്ഞാൽ ഇത് ആരാണെന്നുള്ളത് ആർക്കും പിടിയിട്ടത്തില്ല ഇങ്ങനെ എഴുതി വെക്കുന്നോണ്ട് ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കും എന്നുള്ളതല്ലാതെ എന്താണ് ഇതുകൊണ്ട് ആർക്കും ഗുണം ഈ എഴുത്തുകൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാക്കില്ല ഇത് ആരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇത് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കും ആരുടെ അഭിപ്രായം എന്ന് എങ്ങനെ വ്യാഖ്യാനിക്കും അപ്പോ ഈ വ്യാഖ്യാനിക്കുന്നവർക്ക് എന്താ ചെയ്യുന്നു രൂഹം വെച്ച് വ്യാഖ്യാനിക്കും ഇത് പഴയകാലത്തെ എഴുത്തിന്റെ ഒരു തകരാറാണ് സന്തുരായരായത് ശരി വേരായാലും ശരി ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് അന്യേ പര ഇവരൊക്കെ ഇത് ആരൊന്നും ആർക്കും മനസ്സിലാവത്തില്ല അപ്പൊ അത് വ്യാഖ്യാനിക്കുന്നവർ അവരോട് മനസ്സിൽ തോന്നിയ രീതിയിൽ ഓരോന്ന് എഴുതി വയ്ക്കും ഇത് ഇതിന്റെ ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ് പഴയ എല്ലാ ആൾക്കാർക്കും ഈ പ്രശ്നം ചിലര് ചിലരെന്ന് പറയാം സ്വാമിയെ കുറിച്ച് ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആരാണ് പറയുന്നത് ഇയാൾ എന്ന് പറയുന്നതാണ് ഇയാൾക്ക് നേരിട്ട് പറയാൻ ധൈര്യം ഇല്ലാത്തതെന്ന് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയും പോലെയാണ് ഇതൊരു പരദൂഷണം പോലെയാണ് ഫലദൂഷ്മാൻ്റെ വേറെ യാതൊരു പഴം പോകും ഇങ്ങനെയുള്ള എഴുത്തുകളും ഉണ്ടെന്നും ആർക്കും ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റി മനുഷ്യനെ ആശയ കൊളുത്തലാക്കാന്നുള്ള ഇങ്ങനുള്ളൊരു പ്രയോജന ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ഇതിന് ചിലര് പറയുന്ന മറുപടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാകുന്നു മനസ്സിലാകും കേജത്ത് കേജത്ത് ഏ കേത്ത് കേജത്ത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ഇപ്പൊ ആരെങ്കിലും പറയണോ ഇന്നിപ്പോ ആരെങ്കിലും പറയണം രാഷ്ട്രീയ പ്രസംഗം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഒരാളു എന്റെ ഗ്യാരണ്ടിയാണ് ഞാനിതൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ആരാ പറഞ്ഞത് എന്റെ ഗ്യാരണ്ടിയാണ് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞാരാ എല്ലാര്ക്കും അറിയാലോ പേര് പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊരു നൂറു വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ ആർക്കെങ്ങനെ മനസ്സിലാവും ഏ കേജിത്ത് അങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല അതുപോലെ ഈ എഴുതിയിരിക്കുന്ന ഒക്കെ എന്താണ് അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മനസ്സിലാകുമായിരുന്നു ഇന്നത്തെ കാര്ക്ക് ഇത് മനസ്സിലാവില്ല എന്ന് ആണ് പലരും പറയുന്നത് ഇവരൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാർ പറയുന്നത് പക്ഷെ സംഭവം അങ്ങനല്ല ഇത് അന്നത്തെ ഈ ശങ്കരാചാര്യരുടെ തന്നെ നേരിട്ടൊരു ശിഷ്യനെന്ന് കരുതലിനളാണ് പത്മപാതാചാര്യം ഈ പത്മപാതാചാര്യ എഴുതിയാണ് പഞ്ചപാതിക എന്ന് പറയുന്ന വ്യാഖ്യാനം ആ പഞ്ചപാതിക വ്യാഖ്യാനത്തെ പിന്തുടരുന്നതിനാണ് പുതിയ വിവരണം എന്ന് പറയുന്നത് വിവരണ പ്രസ്ഥാനം അതിന് പ്രകാശ പ്രധാനമായി വന്ന ഒരാൾ പ്രകാശാത്മ വേദി എന്ന് ഒരുപാട് പേര് വിതയ്ക്കാതാക്കും അതീ ഭാമധികാരന് മുമ്പുള്ളതെന്നാണ് കരുതുന്നത് മനസിലായ അത് വായിച്ചിട്ടാണ് ഭാമധികാരം ചെയ്തൊക്കെ എഴുതിയത് പഞ്ചപാതിക വിവരണം അതിനെ പിന്തുടരുന്നവർ വ്യാഖ്യാനിക്കുന്നത് ആദ്യത്തെ കേജി അന്യത്ര അന്യധർമ്മ അധ്യാസ എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായത്തിൽ ഇത് ഒന്ന് വിജ്ഞാനവാദികളാണ് ക്ഷണിക വിജ്ഞാനവാദികൾ അതുമാണ് അന്യതാഖ്യാതിമാണെന്നാണ് അവർ പറയുന്നത് ആത്മഖ്യാതി ആണ് പണ്ഡിതാഖ്യാതി അതിന്റെ ഈ പഞ്ചവാതിക എന്ന് പറയുന്ന വ്യാഖ്യാനം എടുത്ത് വായിച്ചു നോക്കിയതെന്നൊക്കെ മനസ്സിലാകും കാരണം അത് അവ്യക്തമായൊരു വ്യാഖ്യാനമാണ് ദാമതികാരന് പിന്നും പറയുന്ന നമുക്ക് മനസ്സിലാവും എന്താ പണി പറയുന്ന പഞ്ചവാതിക പത്മപാത ആചാര്യെന്ന് പറയുന്ന ആണ് എഴുതിയെന്ന് പറയുന്ന ആർക്കറിയുന്നതൊക്കെ എന്തായാലും വായിച്ച ആർക്കൊന്നും മനസ്സിലാകത്തില്ല വ്യക്തമായിട്ടില്ല ഒരുപാട് അവ്യക്തമാണ് ഒന്നും മനസ്സിലാവുന്നില്ല അവർക്ക് മനസ്സിലാവും ഒരു വ്യക്തത ഇവിടെ എഴുത്തല്ല ഭാഷല്ല ഭാഷ്യം ആ ഭാഷയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നവരടക്കും ചിട്ടയായിട്ടാണ് ഇങ്ങനെ ഈ കേജിത്ത് കേൾ പറഞ്ഞ് നമുക്ക് ആര് പറഞ്ഞു മനസ്സിലാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ബാക്കിയെല്ലാം ക്ലിയറാണ് ഭാഷ്യം ഈ കേജിത്ത് എന്ന് പറയുന്നിടത്ത് ഇന്നയാളെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരത്തക്കതേ ഉള്ളു അപ്പൊ അവരുടെ ആശയം എന്തെന്ന് നോക്കറിയാം ഇവിടെ കേജത്ത് എന്ന് പറയുന്നത് ഭാമതികാരൻ എന്ത് പറഞ്ഞു ഇത് ഏത് ആത്മഖ്യാതി അവർ പറഞ്ഞത് ആത്മഖ്യാതിയായിട്ടും വ്യാഖ്യാനിക്കാം അന്യതാ ഖ്യാതിയായിട്ടും വ്യാഖ്യാനിക്കാം രണ്ടും നോക്കാം ഇന്ന് രണ്ടാമത് രണ്ടാമത് പറയുന്നത് അഖ്യാതി വിവേകാഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും പറയുന്നത് അഖ്യാതി വിവേകാഗ്രഹം വന്നാൽ അത് പ്രഭാകര ഗുരുവിനെ പിടിക്കും എല്ലാവരും അതിന്റെ അഭിപ്രായത്തിലി മൂന്നാമത് വരുമ്പോ അതിന്റെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് അസത്യാതിയാണ് മൂന്നാമത് മനസിലാകാം മൂന്നാമത്തത് അസത്യാതിയാണ് ശൂന്യവാദം അസത് ഖ്യാതി എന്ന് പറഞ്ഞ ഇതാണ് ശക്തിയിൽ കാണുന്ന രഹിതം അസത്ത് പ്രതീതമാകുന്നത് ശുക്തി എന്താണ് അതും അസത്യാണ് അസത്തിന്റെ അനുഭവമാണ് എന്ത് ഇത് അതുകൊണ്ട് അസത് ഖ്യാതിയാണെന്നാണ് വിവരണ അനുയായികൾ പറയുന്നത് അതേ പറയാൻ പറ്റും അല്ലെങ്കിൽ പത്മവാദാചരി പറയാൻ പറ്റും പിന്നെ അവര് പറയുന്നത് എന്താണ് വേറെ ചെല്ലു പറയുന്നത് ഇത് സത്ഖ്യാതിയാണ് അങ്ങനൊരു കാര്യമാണ് മ്പ് ഒരു ഭാഗത്ത് വന്നിട്ട് വാമികാരം ഖണ്ഡിച്ചാണ് സഖ്യാതി ഭാവാ ഭാവാ നിരൂപണം കേട്ടിട്ടുണ്ട് സഖ്യാതി എന്ന് പറയുന്നത് ഇത്രയുള്ള പുസ്തകം എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നത് പുസ്തകരൂപത്തിൽ സത്താണെങ്കിലും മേശയുടെ രൂപത്തിൽ അസത്താണ് അപ്പൊ നിങ്ങൾ ഏതാനാണ് അസത്തെന്ന് പറയുന്നത് സത്താണ് ഒരു രൂപത്തിൽ അസത്തായിരിക്കും മറ്റു രൂപത്തിൽ അസത്വമായിരിക്കും അപ്പൊ അസത്തെന്ന് നിങ്ങൾ ഏതാനും പറഞ്ഞാലും അത് സത്തായിരിക്കും മനസ്സിലായി മരും മരിച്ച ജലം നിങ്ങൾ അസത്താണല്ലോ പക്ഷെ അത് സത്വമാണ് യഥാർത്ഥ ജലമുണ്ടല്ലോ ആ രൂപത്തിലത് സത്താണ് ജലം സത്താണ് ഈ രൂപത്തിലെ അസത്താണെങ്കിൽ യഥാർത്ഥ രൂപ സർപ്പം നിങ്ങൾ പറയുന്നു അവിടെ കാണുന്ന സർപ്പം രജ്വില സർപ്പം സത്താണ് പറയുന്നു യഥാർത്ഥ സർപ്പം ഉണ്ടല്ലോ അപ്പോ യഥാർത്ഥ രൂപത്തിലത് സത്താണ് ഈ രൂപത്തിലസത്താണെങ്കിൽ വേറെ രൂപത്തിലത് സത്താണ് അപ്പൊ അസത്തെന്ന് പറയുന്ന ഒന്നുമില്ല അതാണ് സത്ഖ്യാതി നേരത്തെ കണ്ടിച്ചാണ് അവസാനത്തെ പക്ഷം എന്താണ് ചെലതു പറയുന്നത് അസത് ഖ്യാതിയാണ് ചെല് പറയുന്നത് എന്താണ് സത്ഖ്യാതിയാണ് ഇനി ചെലതു പറയുന്നതല്ല അതാണ് അനുരോചനീയഖ്യാതി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അത് തന്നെയാണ് എന്താണ് അനുവദനീയ ബ്രഹ്മസൂത്രത്തിന്റെ തന്നെ ന്യായനിർണ്ണയം ഒന്ന് ഒറിഞ്ഞു വയ്ക്കാനാണ് ഇപ്പറിയുന്നത് അന്യതാഖ്യാറിയാണ് രത്നപ്രഭേണം അസത്യാര്യ പ്രതീപം വ്യാഖ്യാനം ഉണ്ട് സത്യാധികൾ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് പല അഭിപ്രായങ്ങളാണ് എഴുതിയത് ആനന്ദഗിരി എന്നാണ് ഭാഷകാരൻ്റെ ശിഷ്യനെന്നാണ് പത്മാതാചാര്യനും ശിഷ്യനാണ് ഇവർക്ക് ആ കാലത്ത് ജീവിച്ചവരും അപ്പൊ കേജിത്ത് കേജിത്ത് അനിയന്നൊക്കെ പറഞ്ഞ അന്നത്തെ ആൾക്കാർക്ക് ഉറപ്പുണ്ടോ ഉണ്ടോ അന്നത്തെ ആൾക്കാർക്ക് ഉറപ്പുണ്ടോ ഇതാണ് ഇന്നതാണ് െങ്കി എന്താണ് എല്ലാരും ഒരുപോലെ എഴുതണം വ്യക്തിക്കുമ്പോ എന്ത് ചെയ്യണം ആദ്യത്തത് ഇല്ലാതെ പക്ഷമാണ് ആദ്യത്തെ അത് അന്യതാഖ്യാതാണ് അല്ലെങ്കിൽ ആത്മഖ്യാതാണ് ഇത് രണ്ടു ഒന്നുണ്ട് രണ്ടു രണ്ടാണ് അവരെന്തെഴുതി വെക്കണം ഇത് ഇന്നാരാണെന്ന് അറിയാമായിരുന്നെങ്കിൽ രണ്ടഭിപ്രായം എഴുതും എഴുതും അപ്പോൾ ഒന്നിനുതന്നെ രണ്ടാഭിപ്രായം അന്നത്തെ കാലത്ത് എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അവർക്കാർക്കും ഇത് ആരെ കുറിച്ച് പറയുന്ന ആർക്കും അറിയില്ല ഈ വ്യാഖ്യാതാക്കൾക്ക് ആർക്കും തന്നെ അതുകൊണ്ടാണ് ഒരു പരസ്പര വിരുദ്ധമായ അഭിപ്രായം പറയുന്നത് ഇപ്പം അവസാനത്തെ പക്ഷെ അന്വത്വവും ഇത് അസഖ്യാതിയാണെന്ന് പറയുന്നു ശൂന്യവാദമാണ് ഒരാളെന്താ പറയുന്നത് സഖ്യാതി ഇതിലാണ് നമ്മൾ എന്തെങ്കിലും ബന്ധമുള്ള പഴയ ആൾക്കാർ പറയുന്നതാണ് അതൊക്കെ എന്തുകൊണ്ടിങ്ങനെയൊക്കെ പറയേണ്ടി വന്നു ആരാണെന്നുള്ള അറിയത്തില്ല അതായത് ഇപ്പൊ അന്യതാഖ്യാതി എഴുതുകയാണെങ്കിൽ ഒരാളെ ഉള്ളവര് താർക്കികൾ ആഖ്യാതി എഴുതുകയാണെങ്കിൽ പ്രാഭാകര ഗുരു സത്ഖ്യാതി മീമാംസകരാണ് അന്വേഷനീയ ഖ്യാതി അദ്വൈതികളാണ് ആത്മഖ്യാതി വിജ്ഞാനവാദികളാണ് ഇതൊക്കെ ഓരോരുത്തരുടെ പക്ഷമാണ് അത് ആരാണ് എന്ന് ഇവിടെ വ്യക്തമായി എഴുതി കഴിഞ്ഞാൽ എന്തോരോ ഇന്നതാണെന്നും കൃത്യമായി പറയും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരിടത്ത് പറഞ്ഞ പറയുന്ന അന്നത്തെ ആൾക്കാർക്ക് ഇതിലൊന്നും ഒരു പിടിയില്ലേ ഇങ്ങനെ എഴുതിയെന്നു എന്ന് വെച്ചാൽ റഫറൻസ് ഇല്ലാതെ എഴുതുക അല്ലെങ്കിൽ വ്യക്തമായി എഴുതുക കേജിത്തിന് എന്ത് പറയണം നൈ ആയിക്കാഹാ നൈമാധ്യമികാഹാ വിജ്ഞാനവാദി പ്രാഭാകരാഹാ എഴുതണം അതുകൊണ്ട് എന്ത് ചെയ്തു വിവരണക്കാരുടെ ഒരു വഴിക്ക് പോകും ഒരേ ഭാഷകാരന്റെ ശേഷ്യന്മാരാണ് ദാമതികാരന്റെ വ്യാഖ്യാനം എവിടെ പോകുന്നു ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം വർക്ക് ഏ പാമതികാരനോ ഉത്തരവാദിത്വം അയാളെന്ത് ശങ്കരാചാര്യർക്കാണ് പാമതികാരനുള്ള ഉത്തരവാദിത്വം ഇത് കേജിത്താരെന്നറിയില്ല അങ്ങേർക്ക് തോന്നിയതുണി പത്മവാദാചാര്യർക്കറിയില്ല ഇത് ആരാണെന്ന് അവർ എഴുതി മനസ്സിലായോ ശങ്കരാചാര്യനും ഭാവതികാരനും നമ്മുടെ ഒരു നൂറു വർഷത്തെ വ്യത്യാസം പഞ്ചപാതിക പത്മവാതാചാര് എഴുതിയെങ്കിൽ ഒരേ കാലം മനസ്സിലായാ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലതും പഴയ എഴുത്തിലും കുഴപ്പമുള്ളൂ ഇങ്ങനെ അവ്യക്തമായി എഴുതി വെക്കുക അതാണ് ഇത്രയും വ്യാഖ്യാനങ്ങളുണ്ടായത് ഒരുപാട് വ്യാഖ്യാന പലയിടത്തും ഇങ്ങനെയുള്ള അവ്യക്തതകൾ വരുമ്പം വ്യാഖ്യാതാക്കൾക്ക് ഒരു കിട്ടത്തില്ല അപ്പൊ അവർ ഊഹിച്ചു പല പല പ്രക്രിയകൾ പല പല സമ്പ്രദായം ഇതൊക്കെ വരും അതുകൊണ്ട് അദ്വൈതം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ധരിച്ചിരിക്കുന്ന പോലെ എന്താണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ തീരുന്ന അദ്വീതത്തിനെ കുറിച്ച് ഞാൻ മൊത്തം പറയുന്നു ഗുരുവേദയനെ കുറിച്ച് വേറെ അവരെ കുറിച്ചു അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് സംക്രാചാര്യനെ കുറിച്ച് അദ്ദേഹ സിദ്ധാന്തം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുള്ള സംഗതിയാണ് അല്ല ആൾക്കാർ പറയുന്ന പോലെ ബ്രഹ്മസത്യം ജഗത്മിത്യന്ന് പറയുന്നത് തീരുന്ന കാര്യം എന്താന്ന് അതാരേക്ക് കടക്കുന്നോ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുന്നോ ഈ പ്രശ്നം വരും ചിന്തിക്കുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരും ചിന്തിക്കാത്തവർക്കൊന്നുമില്ല അവർ പറഞ്ഞോണ്ട് നടക്കും എന്താണോ ബ്രഹ്മസത്യം ജഗത്മിത്യ ഇത്രയും പറഞ്ഞുകൊണ്ടും ചിന്തിക്കുന്നവർക്ക് ഈ പ്രശ്നം തിനകത്തൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ടെന്നാ പറഞ്ഞത് പഴയകാലത്തെ എഴുത്തിന്റെ കുഴപ്പമാണ് ഇനി മൂന്ന് വർഷങ്ങളായി ഓരോരുത്തരും ഫണിക്കുകയൊക്കെ ചെയ്യും